വിരുപാത്തേ ശാത്തപാവനമചിന്യവൈഭവം തം നരം വപുഷി കുഞ്ചരം മുഖേ മന്മഹേ കലഹ ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേ മഹേശ്വരഹ ുരുസക്ഷാ പരം ബ്രംഹ തസ്മൈ ശ്രീഗുരവേ നമ ഈശോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭിനേ വ്യോമവത് വ്യാപ്തേഹിമൂർത്തമ പാർ പ്രതിബോധിത സ്വയം പുരാണമുനി മധ്യേ മഹാഭാരത അദ്വൈതമൃതവർഷിണ അഷ്ടധ്യംബ ത് അനുസാധാ ഭഗവത്ഗീതണീ നമോസ്തു വ്യാ്യാസവിളബുദ്ധേ ഫുല്ല പത്രേത്ര യാ ഭാരത തൈലപൂർണ പ്രജ്വാലിതോ ജാനമയ പ്രദീപ പ്രപന്നിജാതോത്രവേത്രൈകാണീ ജാനമുദ്രാ കൃഷ്ണ ഗീതൃതഹേനഹം വസുദേവസുത കംസാണൂരമർദനം ദഹീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരു മൂക്ക വാചാ പങ്കും ലംഘയത്തെ ഗിരികൃതമഹം വന്ദേ പരമാനന്ദധവ്രഹ്മാവരുണേന്ദ്രദ്രമരുത സ്തുൺവന്തി വേദസാംഗപദക്രമോപനിഷദൈർഗാത്തിയം സാമഗാ ധ്യനവസ്ഥ മനസാ പശ്യം യോഗിനോ യന്തസസുരാഗണ തസ്മൈ നമ പാർസാരഥി ശ്രാവയ ശുഭാംഗിരം പാർയാർത്തിഹരോ ദൂർത്തിനത്തെ അധ്യാമായ വിഭൂതിയോഗം അതാണ് നമ്മളിപ്പോ പറഞ്ഞു വരുന്നത് ഇതിന് ഭഗവാൻ തന്നെ മറ്റൊരു പേര് കൊടുത്തു അവികമ്പയോഗം ചലനമില്ലാത്ത യോഗം യോഗോഹി പ്രഭവാപ്യയൗ യോഗസ്ഥിതികളൊന്നും നിലച്ച് നിൽക്കില്ലാന്നാണ് ഉപനിഷത്ത് പറയണത് ഒക്കെ വന്നു വന്നു പോകുന്നു അപ്പൊ നിത്യമായിട്ട് നിൽക്കുന്ന യോഗം എന്നുവെച്ചാൽ അത് ജ്ഞാനമാണ് അത് മനസ്സിന്റെ ഒരു സ്റ്റേറ്റ് അല്ല അവസ്ഥയല്ല മനസ്സിന്റെ ഒരവസ്ഥയും നിത്യമായിട്ട് നിൽക്കില്ലല്ലോ ഈശാവാസ്യമിതം സർവം എന്ന് ഉപനിഷത്ത് പറയുമ്പോൾ ഇത് മുഴുവൻ ഈശ്വരനെ കൊണ്ട് നിറയ്ക്കണം എന്ന് പറയുമ്പോ അതിനർത്ഥം ഈശ്വരനെ കൊണ്ട് നിറയ്ക്കണം എന്നല്ല ഈശ്വരനാണെന്ന് അറിയണം ഈശ്വരൻ അല്ല എന്നൊരു ഭ്രമുണ്ട് അതങ്ങോട് മാറ്റണം അത്രയേ ഉള്ളൂ ശബ്ദമുണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇത് ഈശ്വരൻ എന്ന് വേറെ എവിടെയോ ആണ് ഇത് പ്രപഞ്ചമാണ് ജഗത്താണെന്ന് നമ്മളുടെ ദൃഷ്ടി പറയുമ്പോൾ ഉപനിഷത്ത് വേദം പറയണു ഈ ജഗത്ത് ഈശ്വരൻ തന്നെയാണ് ഇതിന്റെ യഥാർത്ഥ സ്വരൂപം ഈശ്വരനാണ് നീ ജഗത്തായിട്ട് കാണുന്നുണ്ടല്ലോ അത് മിഥ്യ അത് ഈശ്വരനാണ് ഭഗവാനാണ് അങ്ങനെ കാണാത്തതിൻ്റെ ദൃഷ്ടിയിലുള്ള അജ്ഞാനം ദൃഷ്ടിയും ജ്ഞാനമയം കൃത്വ പശ്യേത് ബ്രഹ്മമയം ജഗത് ദൃഷ്ടി ജ്ഞാനമയമാണെങ്കിൽ ജഗത്ത് ബ്രഹ്മമയം ദൃഷ്ടിയെ എങ്ങനെ ജ്ഞാനമയമാക്കും ദൃഷ്ടി എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പ്രപഞ്ചത്തിനെ കാണുന്നത് എങ്ങനെയാ ചോദിച്ചാൽ ആദ്യത്തെ ഉത്തരം കണ്ണാണ് പതുക്കെ പതുക്കെ ആരാഞ്ഞ് അകത്ത് പോകുമ്പോൾ കണ്ണല്ല ദൃഷ്ടി മനസ്സുമല്ല ദൃഷ്ടി ബുദ്ധിയുമല്ല ദൃഷ്ടി സെന്ററില് ചിന്മാത്രമായിട്ടുള്ള ജ്യോതി ബോധം ചൈതന്യമാണ് ദൃഷ്ടി ദർശനശക്തി കണ്ണ് അർക്കാനലാദി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിനു കണ്ണ് മനമാകുന്ന കണ്ണ് അതിനു കണ്ണായിരുന്ന പൊരുൾ അതാണ് കണ്ണ് താനെന്നുറയ്ക്കുമളവ് ആനന്ദമെന്തുഹരിന്ന് അതിനെ അകമയ്ക്ക് ധ്യാനം കൊണ്ട് ജ്ഞാനവിചാരം കൊണ്ട് ചിന്മാത്രമായ സ്വരൂപത്തിനെ ദർശിക്കുമ്പോൾ നമ്മൾക്ക് നമ്മളെക്കുറിച്ചുള്ള ദൃഷ്ടി മാറി ഞാൻ ഈ ശരീരമാണ് മനസ്സാണ് പോയി നമ്മളുടെ അനുഭവം കേവലമായ അസ്തിത്വം മാത്രമായി പ്രകാശിക്കണം ഉണ്മ ചൈതന്യമാണ് ഞാൻ ബോധമാണ് ഞാൻ ഈ അനുഭവം അകമയ്ക്കുണ്ടാകുമ്പോ അവികമ്പയോഗം ഈ അവികമ്പയോഗത്തിന് ഭഗവാൻ അർജുനന് വിസ്തരിച്ചു കൊടുത്തപ്പോ അർജുനൻ ഭഗവാനെ സ്തുതിച്ചും ഭഗവാനോട് വിഭൂതി ദർശനത്തിനായിട്ട് പ്രാർത്ഥിച്ചു അതാണ് നമ്മൾ രാവിലെ കണ്ടത് വിസ്തരേണ ആത്മനോ യോഗം വിഭൂതിർദ്ദന ഭൂയഹ് കഥയ തൃപ്തി ശൃണ് മേ അമൃതം എനിക്ക് അമൃതം കേട്ട് കേട്ട് തൃപ്തി വരണില്ല വീണ്ടും പറയൂ പിപദാഗവതം രസം അമൃതം ഭാഗവതം തന്നെ പറഞ്ഞതാണ് ഈ അമൃതം കുടിച്ചിട്ട് തൃപ്തി വരുന്നില്ല സൂതന്റെ അടുത്ത് ശൗനഗാദി മഹർഷികൾ ഭാഗവതത്തിൽ പറഞ്ഞു ആപായേതി ഗോവിന്ദ പാദപത്മാസവം മധു സൂതജീവ സമാ സൗമ്യ ശാശ്വതീ വിശദം ധാരാളം വർഷങ്ങൾ ജീവിക്കൂ സൗഖ്യമായിട്ട് എന്താന്ന് വെച്ചാൽ ആപായത്തി ഗോവിന്ദ പാദപത്മാസവം മധു ഭഗവാന്റെ പാദപത്മ ആസവം ആസവം എന്ന് വെച്ചാൽ ടോണിക് ആണല്ലോ മധു തേൻ അമൃതം അപ്പോ അത് കുടിച്ചിട്ട് തൃപ്തി വരണ്ടോ തൃപ്തി വരണില്ല ആർക്ക് തൃപ്തി വരും എന്നാണ് ദശമസ്കന്ധത്തിൽ എന്താ ശ്ലോകം വിന പശുഘ്നാ നിവൃത്തതർഷ ഉപകീയമാനൌഷധാ ശ്രോത്രമനോഭിരാമാ ഉത്തമശ്ലോകഗുണാനുവാദ പുൻ വിരജ്യേത വിന പശുഘ്ന ഈ ഭഗവത് കഥ പരമഹംസധർമ്മം ആരാണപ്പോ പാടി പാടി പറഞ്ഞുകൊണ്ട് നടക്കണത്തെന്ന് വെച്ചാൽ നിവൃത്തതർഷി തൃഷ്ണയൊക്കെ ശമിച്ചുപോയി ആഗ്രഹങ്ങളൊക്കെ ശമിച്ചുപോയി നിരാശിഷമം നിർനമസ്കാരമസ്തുതി അക്ഷീണം ക്ഷീണകർമാണും തം ദേവാ ബ്രാഹ്മണം വിതു ആരാണ് ബ്രാഹ്മണൻ എന്നുവെച്ചാൽ മഹാഭാരതത്തിലൊരു ലക്ഷണം പറയാണ് നിരാശിഷം ഒന്നിലാശയില്ല നിരാശിഷം അനാരംഭം ഒരു പുതിയ കർമ്മത്തിലും പ്രവേശിക്കണില്ല നിരാശിഷം അനാരംഭം നിർനമസ്കാരം ആരെയും നമസ്കരിക്കണില്ല അസ്തുതിം ആരെയും സ്തുതിക്കണമില്ല നിർനമസ്കാരം അസ്തുതി അക്ഷീണം ക്ഷീണമേയില്ല ക്ഷീണ കർമാണം കർമ്മമൊക്കെ ക്ഷീണിച്ചു പോയി എന്നാണ് അയാളെ കർമ്മമൊക്കെ തീർന്നുപോയി അക്ഷീണം ക്ഷീണകർമാണം നിരന്തരം ആത്മാവിൽ രമിച്ചുകൊണ്ട് ആത്മാറാമനായിട്ടിരിക്കുന്ന അവനെ ദേവാഹാ ബ്രാഹ്മണം വിദുഹു അവനെ ദേവന്മാര് ബ്രാഹ്മണൻ എന്ന് വിളിക്കുന്നു അങ്ങനെയുള്ളവര് നിവൃത്തദർശൈ ഉപഗീയമാനാത്ത് ഹൃദയത്തുനിന്ന് ഗാനം ചെയ്യുന്നു ഉപനിഷ് ഗാനമാണ് ഉപഗീ ഉപഗാനം ഉപഗീയമാനാത്ത് അത് എന്താ പാട്ട് എന്ന് വെച്ചാൽ ചിലരൊക്കെ പറയുന്നു മ്യൂസിക് തെറാപ്പി ഉണ്ടെന്നാണ് ചില പാട്ട് പാടിക്കഴിഞ്ഞാൽ സൂക്കിടക്കെ മാറും അതിന് മ്യൂസിക് തെറാപ്പിയാണ് ഭജനയൊക്കെ മ്യൂസിക് തെറാപ്പിയാണ് ഭവൌഷാത് സംസാരമാകുന്ന രോഗത്തിന് ഒരു മരുന്ന് പക്ഷെ ഈ മരുന്ന് വായുക്കൂടെ കഴിക്കേണ്ട ആവശ്യമില്ല ശ്രോത്ര മനോഭിരാമാട്ടതിരി നാരായണീയത്തിൽ എടുത്തിരിക്കുന്നത് ഒക്കെ ഭാഗവത്തു നിന്നാണേ നേത്രൈ ശ്രോത്രൈശപിത്വ എന്ന് പറഞ്ഞു അല്ലേ ശ്രോത്ര മനോഭിരാമാവി കൊണ്ടെടുത്ത് മനസ്സിനെ മനസ്സിലുള്ള ഭവരോഗാനം വിഷയതൃഷ്ണയെ നീക്കം ചെയ്യുന്ന ഈ ഒരു ദിവ്യ ഔഷധം ശ്രോത്രമനോഭിരാമാനുവാദാ ഉത്തമശ്ലോക ഭഗവാൻ ഭഗവാന്റെ ഗുണാനുവാദം ഗുണത്തിനെ വീണ്ടും വീണ്ടും പറഞ്ഞ് രസിക്കുന്ന കഥയന്ത ശ്രമാം നിത്യം തുഷ്യന്തിച്ച രമന്തിച്ച ക വിരജിയേത അതിൽ ആർക്കാ മതി തോന്നുകയാണ് അങ്ങനെ തോന്നണെങ്കിൽ പശുഘ്ന പശൂന്ഗനന്തി അവൻ പശുഹിംസ ചെയ്യുന്നവനാണ് അപശുഘനഹെന്നൊരർത്ഥം പറയും അജ്ഞാനി ഗോഹത്യ ചെയ്യുന്നവനാണ് മഹാഭാപങ്ങളിലൊന്നാണ് അങ്ങനെയുള്ളവനായിരിക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പോ ഭക്തി ഭഗവത്ഭക്തി കഥാശ്രവണത്തില് കേട്ട് കേട്ടിട്ട് തൃപ്തി വരണില്ലേ അതുകൊണ്ട് വീണ്ടും പറയൂ ഭാഗവതം രസം ആലയം മുഹുരൂ കാഹ അതുപോലെ ഇവിടെ ഇവിടെ അർജുനൻ പറഞ്ഞു എനിക്ക് വീണ്ടും പറയൂ ഭൂയകഥ അതും ഭഗവാന്റെ അടുത്തു നിന്നാണ് കേൾക്കണത്തെ സ്വയം വാസുദേവാത് നിസൃതാം ഭഗവാനിൽ നിന്ന് തന്നെ വരുന്നതാണ് ഈ ഭഗവത്ഗീത അതുകൊണ്ട് അർജുനൻ പറഞ്ഞു എനിക്ക് വീണ്ടും ഒന്നുകൂടെ പറഞ്ഞേക്ക് പറഞ്ഞു തരൂ എന്ന് പറയാണ് അപ്പൊ ഭഗവാൻ ഭഗവാൻ ഒരു ഹാബിറ്റ് ഉണ്ടെന്ന് തോന്നുന്നു ഉദ്ധവരുടെ അങ്ങനെ ഹന്തതേ കഥയിഷ്യാമി എന്ന് പറഞ്ഞു ഭാഗവതത്തില് അതേപോലെ ഇവിടെയും ഭഗവാൻ പറയാണ് ഹന്തതേ കഥ്യാമി ദിവ്യാഹി ആത്മ ധാന്യു ശ്രേഷ ഭാഗവതത്തിൽ ഭഗവാൻ പറഞ്ഞു ഹന്ത കഥയിഷ്യാമി മമധർമാൻ സുമംഗലാൻ ചിലർക്കൊക്കെ ചിലത് പറയണ സ്വഭാവം ഉണ്ടാവും അപാടി അങ്ങനെയും പറയാം ഇത്ര കാലം പറഞ്ഞു ഇനി വയ്യാന്ന് ഹന്തതേ കഥയിഷ്യാമി ദിവ്യഹി ആത്മവിഭൂതയ എന്റെ ദിവ്യമായ ആത്മവിഭൂതികളെ ഞാനിത പറഞ്ഞുതരാം അതും മൊത്തത്തിലൊന്നും പറയാൻ അസിതഗിരിസമം സാത് കജ്ജലം സിന്ധുപാത്രം ശാഖാലേഖനീപത്രമുർവി യതി ലിഖതി ഗൃഹീത്ത ശാരദാ സർവകാലം തഥി തവ ഗുണാനാമീശാതി ഭഗവാന്റെ വിഭൂതികളൊക്കെ അങ്ങോട്ട് പറഞ്ഞു തീർക്കുക എന്ന് വെച്ചാൽ പണ്ട് ദേവന്മാരൊക്കെ കൂടെ ഒരു ഒരു യജ്ഞം ചെയ്തു അത്ര ഒക്കെ എഴുതി നോക്കാം അതിന് മഷി വേണമല്ലോ മഷിക്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ മലകളൊക്കെ പൊടിച്ചു എന്നാണ് അസിതഗിരി സമം സ്യാദ് കജ്ജലം കജ്ജലെന്നുവെച്ചാ മഷി അതെവിടെയാ കലക്ക സിന്ധു പാത്രം പണ്ടൊക്കെ ഈ ചുണ്ണാമ്പ് വെക്കാൻ വരും ചുണ്ണാമ്പ് വെക്കാൻ വന്നിട്ട് അത് കൊണ്ടുവന്നിട്ട് പാത്രത്തിൽ വെള്ളമൊഴിച്ച് അതിലേക്ക് ഇട്ടിട്ട് കലക്കും അല്ലേ ചുണ്ണാമ്പ് അടിക്കണൊന്നും കാണാനേ ഇല്ല ഹന്ത കഥകിഷ്യാമി അപ്പോ അസിതഗിരി സമം സിയാദ് കജ്ജലം സിന്ധു പാത്രം സമുദ്രമാണ് പാത്രം അതിൽ കലക്കി മഷി ഉണ്ടാക്കി എഴുതാൻ പെന്ന് വേണം എന്താ പെന്ന് സുരതരുവര ശാഖാലേഖനീ ദേവതാരുവൃക്ഷം കൊണ്ട് ഒരു പെന ഉണ്ടാക്കിയത്രെ എന്നിട്ട് പേപ്പർ വേണം ഏത് പേപ്പറിലാണ് എഴുതാ പത്രം ഉറുവി ഭൂമി മുഴുവൻ ഭഗവാന്റെ വൈഭവത്തിന് ഭഗവാന്റെ മഹിമയെ എഴുതിക്കൊണ്ടേ വന്നു പത്രമുർവി എഴുതുന്നതാരാ യതി ലിഖതി ഗൃഹീത് ശാരദ സാക്ഷാത് ശാരദാദേവി സരസ്വതീദേവി ബ്രഹ്മവിദ്യാസ്വരൂപിണിയായ ശാരദ തന്നെ എഴുതി അങ്ങനെ എത്ര ദിവസം എഴുതി സർവകാലം നിർത്താതെ എഴുതി എന്നാണ് അൺഇന്ററപ്റ്റഡ് സ്ക്രൈബ് സ്ക്രിബ്ലിംഗ് എഴുതിക്കൊണ്ടേയിരുന്നു അങ്ങനെ എഴുതിയാലും തഥവീ തവ ഗുണാനാമീശമ്മ അങ്ങനെയാണെങ്കിലും ഭഗവാന്റെ മഹിമ ഇത്ര എന്ന് നിരൂപിച്ച് നിർത്താൻ ഒക്കില്ലാന്ന് അങ്ങനെ ഇരിക്കുമ്പോൾ ഭഗവാൻ തന്നെ പറയണു ഞാൻ തന്നെ പറഞ്ഞിട്ടൊന്നും തീരില്ലപ്പശ്വം തന്നെ അതിൻ്റെ ഒരു പാദോസ്യ വിശ്വാഭൂതാമി ഈ വിശ്വം മുഴുവനും ഒരു പാദമേ ആയുള്ളൂ എന്നാണ് അപ്പൊ പിന്നെ എങ്ങനെ വൈഭവം മഹിമായ എവിടെ പറഞ്ഞ് അവസാനിപ്പിക്കും അതുകൊണ്ട് പ്രാധാന്യതക്കുരു ശ്രേഷ്ഠ അതിൽ മുഖ്യമായി പ്രധാനമായിട്ടുള്ള വൈഭവങ്ങൾ വിഭൂതികളെ മാത്രം ഞാൻ പറയാം നാസ്തി അന്തോ വിസ്തരസ്യമി അത് വിസ്തരിച്ച് പറയുന്ന വെച്ചാൽ അതിന് അന്തൊന്നുമില്ല അതിന് എന്റൊന്നുമില്ല മാത്രല്ല ഭഗവത് കഥകൾ ഭഗവത് ഗുണങ്ങൾ കേട്ട് കേട്ട് അവസാനിക്കുകയില്ല അതാണല്ലോ ഭാഗവതത്തിൽ വീണ്ടും വീണ്ടും വേറെ വേറെ ആളുകളുടെ ഭക്താക്കളാണ് വീണ്ടും വീണ്ടും ഭഗവത് ഗുണങ്ങൾ പറയാണ് ഓരോരോ ഭാഗവതനെ കിട്ടുമ്പോഴും ഭഗവാനെക്കുറിച്ച് പറയുന്നു ഹംസസ്വാഗതമാസാംയോ ബ്രൂഹ്യങ്കശൗരേ കഥാം നാളെയാണ് നമുക്ക് ഭാഗവതം അല്ലേ ൊ ഭാഗവതേ പ്രവേശിച്ചു ഭാഗവതം ഏകാദശ സ്കന്ധം ഇരുപത്തി മൂന്നാമത്തെ അപ്പോ ഇപ്പൊ തന്നെ അതിനൊരു ആമുഖം പോലെ അപ്പൊ ഭഗവാൻ ഇവിടെ പറഞ്ഞു എനിക്ക് തന്നെ വിസ്തരിച്ച് പറയാൻ ഭാഗവതനെ വിളിച്ച് പറയാണ് പിപ പയാഹത്തിരി പാല് കുടിക്കൂ തമാശ ആയിട്ടത് രസമായിട്ട് നമ്മൾ പറയുമ്പോ പറയും ഞങ്ങൾക്കൊക്കെ ഉള്ള അനുഭവമാണ് എവിടെയെങ്കിലും ഭാഗവതത്തിനും പ്രഭാഷണത്തിനും പോയാൽ ഭക്തന്മാർക്കിത് ഞങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കാലം ഒന്ന് പെടണം പാദസ്പർശം ഒന്ന് ഏൽക്കണം എന്നൊക്കെ പറയും ഇതൊക്കെ വിശ്വസിച്ച് നമുക്ക് സമയമില്ല വയ്യാന്നൊന്നും പറഞ്ഞാൽ അവര് കേൾക്കില്ല ഒരു രണ്ട് മിനിറ്റ് എന്ന് പറയും ശരി രണ്ടു മിനിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ പോയാൽ ഒരു ചെയറൊക്കെ ഒരു തുണിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടാവും ഒരു മിനിറ്റ് ഇരുന്നാൽ മതിയെന്ന് പറയും ിരുന്നിട്ട് പോകുന്നു ഇരുന്ന് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് പാല് ഒക്കെ വെച്ചിട്ട് ഒരു പത്ത് പേര് മുമ്പിൽ ചമറമ്പടിഞ്ഞിരിക്കും എന്നിട്ട് എന്തെങ്കിലും പറഞ്ഞു ഒരു മിനിറ്റ് പറഞ്ഞു അവർക്ക് പിന്നെ നമ്മളുടെ വീക്ക്നെസ് അറിയാൻ തുടങ്ങിയത് നിർത്താൻ അറിയില്ല അതാണ് ഹംസ സ്വാഗതം ആസ്യത വരൂ പിന്നെ അങ്ങനെ ഭഗവാൻ അപ്പോ ഭഗവാൻ പറയണു എനിക്ക് തന്നെ നിർത്താൻ പറ്റില്ല എന്നാണ് എനിക്ക് തന്നെ ഇപ്പൊ നിർത്താൻ അറിയില്ല നമുക്ക് തിരുവണ്ണാമലെ ഭഗവാന്റെ ഭക്തന്മാരിൽ ഇപ്പൊ ഉള്ള ആന്ധ്രയിലുള്ള ഒരു മഹാത്മാവുണ്ട് ധാരാളം ഗ്രാമങ്ങൾ ഗ്രാമങ്ങളായി സൈക്കിളിൽ പോയി രമണ മഹർഷിയെ കുറിച്ച് പറഞ്ഞു പ്രചരിപ്പിച്ച ഒരു ഭക്തനാണ് അദ്ദേഹത്തിനെ കുറിച്ച് ഇപ്പൊ പറയണ്ടായിരുന്നു ഡോക്ടേഴ്സ് പറഞ്ഞു അത്രേ മുമ്പ് മണിക്കൂർ പ്രഭാഷണം ചെയ്യും അപ്പൊ വയസ്സായി കഴിഞ്ഞിപ്പോ അരമണിക്കൂറിന് മേലെ പറയാൻ പാടില്ല ഇപ്പൊ അദ്ദേഹം അഞ്ചു മണിക്കൂർ പറയാം അത്രേ പറഞ്ഞതിന് ശേഷം നിർത്താൻ വയ്യ അദ്ദേഹം പറയാ നിങ്ങൾ എണീറ്റ് പോയാലും പോയിക്കോളൂ ഈ ചുമര് മാത്രം ഉണ്ടെങ്കിൽ മതി എനിക്ക് നിർത്താൻ വയ്യാന്നാണ് പ്രാക്ടീസ് ആണോ ഹാബിറ്റാണോ എന്താണോ ഭഗവാൻ തന്നെ ഈ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവർ പറഞ്ഞിട്ട് കാര്യമില്ല ഭഗവാൻ പറഞ്ഞേ എനിക്ക് നൃത്തം വയ്യാതാണ് അർജുന അതുകൊണ്ട് അത് കുറച്ച് ഞാൻ പറയാൻ കേട്ടോള എന്ന് പറഞ്ഞു വിഭൂതി വിഭൂതി എന്ന് വെച്ചാൽ വിശേഷ സാന്നിധ്യമുള്ളതെന്ന് അർത്ഥം വിശിഷ്ട അനുഭവം എവിടെ കിട്ടുമോ അത് ആ അനുഭവത്തിന് അധ്യാത്മ സാധകന്മാരൊക്കെ അന്വേഷിക്കുന്നത് എല്ലാവരും പറയണേ ഒരു അനുഭവം വരണം അപ്പൊ ഭഗവാൻ ആദ്യമായിട്ട് പറഞ്ഞു ആദ്യമായി അനുഭവം എന്ന് പറയുന്ന സാധനം എല്ലാവരും സ്പിരിച്വൽ ഫീൽഡ് അധ്യാത്മ ലോകത്തിലേക്ക് വരുമ്പോ തന്നെ അനുഭൂതി വേണം എന്നാണ് പറയണത് അല്ലേ ശരിക്കും പറഞ്ഞാൽ വേദാന്തപരമായിട്ട് ചിന്തിക്കുമ്പോൾ അങ്ങനെ പറയണത് തെറ്റാണ് അവസാനം നമുക്കത് മനസ്സിലാവും കാരണം അതിപ്പോൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്ക് ശരിക്കും പിടികിട്ടില്ല അത് അവസാനം നമുക്കറിയാം അനുഭൂതി എന്ന് പറയണത് വെളിയിൽ നിന്ന് കിട്ടേണ്ട അനുഭൂതി ആത്മാവന്റെ സ്വരൂപമാണ് അനുഭൂതി എപ്പോഴും നമുക്കുണ്ട് ജ്ഞാനമേ ഇല്ലായ്മു അനുഭൂതി നമുക്ക് സിദ്ധമാണ് അനുഭൂതിയെ റെക്കഗ്നൈസ് ചെയ്യാൻ ബുദ്ധിക്ക് തെളിച്ചം വന്നിട്ടില്ല എന്നുള്ളതാണോ ആ ബുദ്ധിക്ക് തെളിച്ചം വന്ന് അതിനെ തിരിച്ചറിയാനുള്ള ശക്തി കരുത്ത് ഉണ്ടായാൽ അനുഭൂതി നിത്യസിദ്ധമാണ് അനുഭൂതി ആത്മാവിന്റെ സ്വരൂപമാണ് അനുഭൂതി സ്വയം പ്രകാശ ഭാഗവതത്തില് ഭഗവാന് പേര് തന്നെ നിത്യാനുഭൂതിസ്വരൂപ കേവലാനുഭവാനന്ദ സ്വരൂപ കേവലാനുഭവസ്വരൂപ അപ്പൊ അനുഭവം എന്ന് പറയണത് നമ്മളുടെ ഉള്ളിൽ സിദ്ധമായിരിക്കണു എങ്ങനെ സിദ്ധമായിരിക്കണു അതാണ് അടുത്ത ശ്ലോകം നമുക്കു അഹമാത്മാ ഗുഢാകേശ സർവഭൂതാശയ സ്ഥിത അഹമാതിശ്യമധ്യം ച ഭഗവാൻ രമണ മഹർഷിയുടെ അടുത്ത് ഒരു ഭക്തൻ ചോദിച്ചു ഭഗവാൻ ഭഗവത്ഗീതയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ശ്ലോകം എന്താണ് ഭഗവാൻ പറഞ്ഞു എല്ലാം മുഖ്യമാണല്ലോ എല്ലാം പ്രധാന എന്നാൽ ഏതെങ്കിലും ഒരു ശ്ലോകം പ്രധാനമായിട്ട് എടുത്തു തരുമോ ചോദിച്ചപ്പോ ഭഗവാൻ എടുത്തു കൊടുത്ത ശ്ലോകമാണ് ഈ ശ്ലോകം അഹമാത്മാ ഗുഢാകേശ സർവഭൂതാശയസ്ഥിത അഹമാതിശ മധ്യം ചൂതാനാമന്ത് വെഷ്ണൻ ഭഗവാൻ തന്റെ സ്വരൂപത്തിനെ പറയുകയാണ് ആരാണ് ഭഗവാൻ ഭഗവാന്റെ സ്വരൂപം എന്താണ് അഹമാത്മാ ഗുഡാകേശ ഹേ ഗുഡാകേശ അർജുനനെ വിളിക്കുന്നു ഗുഡാകേശൻ എന്ന് ഗുഡാക എന്ന് വെച്ചാൽ ഉറക്കം എന്നർത്ഥം നിദ്ര ഉറക്കത്തിന് ജയിച്ചവൻ ഉറ ഗുഡാക്കായ ഈശ നിദ്രയെ ജയിച്ച് തപസ് ചെയ്ത ആള് അർത്ഥം ഈ പാശുപഥാസ്ത്രത്തിനും മറ്റും ഒക്കെ വേണ്ടി ഉറങ്ങാതെ ഒറ്റക്കാലിൽ നിന്ന് തപസ് ചെയ്ത മല്ലികാർജുന ശ്രീശൈലത്തിലാണ് അർജുനൻ ശിവനെ തപസ് ചെയ്തതെന്നാണോ പറയണത് അവിടെയാണ് ആചാര്യസ്വാമി ശിവാനന്ദലഹരി എഴുതിയതും സന്ധ്യാരംഭ വിജംഭുതിശിരസ്ഥാത്തരാധിഷ്ടം സ പ്രേമഭ്രമരാഭിരാമമസനാവിഷ്കൃതം സേവേശ്രീഗിരി മല്ലികാർജ്ജുന മഹാലിംഗം ശിവാലിംഗിതം എന്ന് അവിടെ അർജുനൻ മല്ലിക പുഷ്പം കൊണ്ട് ശിവനെ പൂജിച്ചു അപ്പൊ ഉറങ്ങാതെ തപസ് ചെയ്തു എന്നുള്ളത് കൊണ്ട് ഗുഡാക്കേശൻ എന്ന് മറ്റൊരർത്ഥം ഗുഡാക്ക എന്നു വച്ചാൽ കേ ഗുഡാ കേശ കേശാ തലമുടി തലമുടി നല്ലവണ്ണം തഴച്ച് വളർന്നിരിക്കുന്ന ആളെന്നൊരർത്ഥം ഗുഡാകേശ എന്നുള്ളതിന് ഗുഡാകയുടെ ഉള്ളിൽ പോയിട്ട് സത്യാന്വേഷണം ചെയ്യാനുള്ള ശക്തിയുള്ളവൻ അവനെ സത്യം അറിയുള്ളൂ ആത്മതത്വം മറയപ്പെട്ടിരിക്കുന്നത് ഉറക്കം കൊണ്ടാണ് ഉറക്കത്തിനെയാണ് നമ്മൾ ആവരണം എന്ന് പറയുന്നത് ആ ആവരണത്തിനെ ജയിച്ചവൻ ഗുഡാകേശൻ ആ ആവരണത്തിനെ നിവാരണം ചെയ്തവൻ ആവരണം ഇല്ലാതാക്കി തീർത്തവൻ ഗുഡാകേശൻ ആ ഗുഡാകേശനായ ആൾക്ക് ഗുഡാകേശസ് അഹമാത്മാ ആരാണോ ഗുഡാകേശൻ ജയിക്കുന്നത് ആവരണം അജ്ഞാനത്തിന് പേരാണ് ഉറക്കം അതുകൊണ്ടാണ് ഉപ മാണ്ടുക്യക്കാരികയിൽ ഗൗഡപാദാചാര്യർ പറഞ്ഞത് അനേക ജന്മങ്ങളായും ജീവൻ ഉറങ്ങിക്കൊണ്ടിരിക്കണമെന്നാണ് ഈ ജാഗ്രത്വം ഒരു ഉറക്കമാണ് നമ്മൾ ഉണർന്നിരിക്കണമെന്ന് വിചാരിക്കണോ അത്രയേ ഉള്ളൂ ദീർഘസ്വപ്നമിമം വിദ്ധീ നീണ്ടു നിൽക്കുന്ന ഉറക്കം ഇതൊരു ഉറക്കാണ് അനാദിമായ സുപ്ത യഥാ ജീവ പ്രബുദ്ധ്യത്തെ അജമനിദ്രം അസ്വപ്നം അദ്വൈതം ബുദ്ധ്യത്തെ തഥാ അനിദ്രം അവ്രണം ശ്രുതി പേര് ആത്മാവിന് അനിദ്രൻ എന്ന് പേര് ഉറക്കമില്ലാത്തവൻ അർത്ഥം ഉറക്കത്തിലും ഉണർന്നിരിക്കുന്നവൻ യസ്വപ്തേഷു ജാഗർ ഉറങ്ങുമ്പോൾ അവൻ ജാഗൃതനായിട്ട് ഉണർന്നിരിക്കുന്നു ഉറങ്ങി എഴുന്നേറ്റിട്ട് നമ്മൾ പറയണത് ഒന്നും അറിഞ്ഞില്ല സുഖമായിരുന്നു ഒന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നതാണ് ഉറക്കം സുഖമായിരുന്നു എന്ന് പറയുന്നത് ഉറക്കമല്ലാതെ ആത്മ നമ്മൾ ഉറങ്ങി എഴുന്നേറ്റ് കഴിയുമ്പോൾ ഈ രണ്ട് കാര്യം പറയും ഒന്നും അറിഞ്ഞില്ല സുഖമായിരുന്നു ഈ ഒന്നും അറിഞ്ഞില്ല എന്ന് പറയണത് ഉറക്കം സുഖമായിരുന്നു എന്ന് പറയുന്നത് ആത്മ ഈ ഒന്നും പറഞ്ഞില്ല എന്നുള്ളത് നീക്കം ചെയ്യാനാണ് ഗുഡാകേശ ഗുഡാകേശൻ അജ്ഞാനത്തിനെ നീക്കം ചെയ്യണു അവിടേക്ക് നമ്മളുടെ ശ്രദ്ധ പതിയാതെ കിടക്കണത് അവിടെ ശ്രദ്ധ പതിയും തോറും ഗുഡാക നീങ്ങും ഈശ്വരൻ അവിടെ ഉണ്ട് ഈശ്വരനാണുള്ളത് സർവേശ്വര സർവജ്ഞ സർവാന്തര്യാമിഹി അങ്ങനെ അന്തരീക്ഷമിയേ ആത്മാവിനെ സ്വൂപത്തിനെ അറിയാൻ ശക്തി ഉള്ളവൻ ഗുഡാകേശൻ നിദ്രയെ ജയിച്ചവൻ നിദ്രയെ നിവരണം ചെയ്തവൻ നിദ്രയെ മാറ്റിത്തീർത്തവൻ നിദ്രാ ലോകവാർത്ത ശബ്ദി വിസ്മൃത്തെ അവസരം ദ ചിന്തയ ആത്മാനം ആത്മനി ഈ നിദ്ര അജ്ഞാനമാണ് ആവരണമാണ് അഗ്രഹണം നിദ്ര അന്യഥാഗ്രഹണം ജാഗ്രത് സ്വപ്ന അന്യഥാഗ്രഹണ വർജിതം ചിത് സ്വരൂപം അഗ്രഹണവും അന്യഥാഗ്രഹണവും സുഷുപ്തിയിലെ അഗ്രഹണം ഒന്നും അറിഞ്ഞില്ല ജാഗ്രതത്തിലും സ്വപ്നത്തിലും അന്യഥാഗ്രഹണം വേറെ എന്തൊക്കെയോ കാണുന്നു കയറ് കണ്ടിട്ടില്ലെങ്കിൽ അഗ്രഹണം അതിൽ പാമ്പ് കണ്ട അന്യഥാഗ്രഹണം ആത്മാവിനെ അറിഞ്ഞില്ല അത് ആഗ്രഹണം അനാത്മാവിനെ അറിയുകയും കൂടെ ചെയ്യണു അത് അന്യഥാഗ്രഹണം ഈ ദോഷമൊക്കെ നിവൃത്തമായി കാണുന്ന ആൾക്ക് അഹമാത്മാ ഗുഢാകേശൻ സർവഭൂതാശയസ്ഥിത ആദ്യം നമ്മളുടെ ഉള്ളിൽ ആത്മാവാണ് അഹമഹം എന്നിരിക്കണതെന്ന് അറിയണമല്ലോ െ ഇപ്പൊ നമുക്കൊക്കെ അഹം അറിയാം ഞാൻ ഉണ്ട് എന്നറിയാം ഞാൻ എന്നുള്ള അനുഭവം എല്ലാവർക്കും സിദ്ധമാണ് നിരന്തരം ഉള്ള അനുഭവമാണ് അനുഭൂതി അഹം സ്വരൂപ അഹം അഹം എന്നുള്ള രൂപത്തില് ചിത്ത് എല്ലാവർക്കും അനുഭവത്തിലുണ്ട് ഞാൻ ഉണ്ട് എന്നുള്ളത് മാത്രമാണ് ഉറപ്പ് ബാക്കി ഒക്കെ സംശയാണ് ഇരുട്ട് റൂമിലിരിക്കുമ്പോൾ ഞാൻ ഉണ്ട് സ്വപ്നത്തില് ഞാനുണ്ട് ജാഗ്രത്തിൽ ഞാനുണ്ട് സുഷുപ്തിയിലും ഉണ്ട് ബാല്യത്തിലുണ്ട് കൗമാരത്തിലുണ്ട് യൗവനത്തിലുണ്ട് വാർദ്ധക്യത്തിലുണ്ട് ഡിപ്രഷൻ വരുമ്പോഴും ഉണ്ട് എക്സ്റ്റസി വരുമ്പോഴും ഉണ്ട് സ്നേഹം വരുമ്പോഴും ഉണ്ട് ദ്വേഷം വരുമ്പോഴും ഉണ്ട് ഉറക്കം വരുമ്പോഴും ഉണ്ട് എല്ലാത്തിനു പുറകിൽ ഉണ്ട് ഉണ്ട് ഉണ്ട് ഉണ്ട് ഉണ്ട് ആ ഉണ്മയെ ഗ്രഹിച്ചിട്ട് ആ ഉണ്മയുടെ മുമ്പിൽ വന്നു പോകുന്നതിനൊക്കെ ഉപേക്ഷിക്കാൻ പറ്റുമെങ്കിൽ കാര്യം കഴിഞ്ഞു സാധിച്ച ആളുകൾക്ക് വളരെ എളുപ്പം സാധിക്കാത്ത ആളുകൾ ബുദ്ധിമുട്ടുണ്ട് ഈ നീന്താൻ പഠിക്കണ പോലെയാണ് നമ്മുടെ മഹർഷിയുടെ അറ്റണ്ടായിട്ടിരുന്ന ഒരു ശിവാനന്ദ സന്യാസി ആണ് അദ്ദേഹം സാധു മനുഷ്യൻ വളരെ ഇന്നസെന്റാണ് അപ്പൊ അവസാനാവുമ്പോ മഹർഷി സമാധിയാവുന്നതിന് മുമ്പ് അവസാനത്തെ വാക്ക് അദ്ദേഹത്തെ ശിവാനന്ദത്തിനടുത്താണ് മഹർഷി പറഞ്ഞത് താങ്ക്സ് പറഞ്ഞത് ശരീരം വിടുന്നതിനു സന്തോഷം സന്തോഷമോ ഭഗവാന്റെ വാക്കാണ് സന്തോഷം അപ്പൊ ഈ ശിവാനന്ദൻ ചോദിച്ചു ഭഗവാന എല്ലാരും എതെതില്ലോജിന് ഒന്നും തരവാന് അതൊക്കെയോ എന്തൊക്കെയോ അറിഞ്ഞിരിക്കണോ എന്തൊക്കെയോ മനസ്സിലാക്കി എനിക്ക് ഒന്നും അറിയണില്ലല്ലോ ശിവാനന്ദ ഒന്നും ഇല്ല ഒന്നും തെരഞ്ഞെടുത്തില്ല അത് നാ നാൻ ഒരു അനുഭവം എക്കോ അത വിടാമ പിടിച്ച് പോകും മീതി എല്ലാത്തി വിട്ട അവ ആ സാധു മനുഷ്യന് ഗുരു അ ശ്രദ്ധാവിശ്വാസം കാരണം അത്രയും കൊണ്ട് കാര്യം നടന്നു പോയി പിൻ പിക്കാലത്തിൽ ഇവിടെ കേരളത്തിലെ ഈ നെയ്യാട്ടിങ്കര സൈഡ് എവിടെയോ അദ്ദേഹത്തിന്റെ പൂർവിക സ്ഥലം എവിടെയോ താമസിച്ചിരുന്നു എപ്പോഴെങ്കിലുമൊക്കെ ആശ്രമത്തിൽ വരുമ്പോ അവിടെയൊക്കെ പറയും ഭഗവാൻ ഇത്ര സിമ്പിളായിട്ട് എനിക്കിത് പറഞ്ഞു തന്നു അദ്ദേഹത്തിന് എന്ത് കിട്ടിയെന്നൊന്നും നമ്മൾ ചോദിക്കാൻ പാടില്ല ആളുകള് അധ്യാത്മം കണക്കാക്കുന്നത് അവരുടെ കണ്ണിൽ വലതു വന്നിട്ടുണ്ടോ പുറകെ വെളിച്ചം വന്നിട്ടുണ്ടോ ഇതൊക്കെ വിഡിത്താണ് വളരെ സുലഭം സിമ്പിളായിട്ട് പറഞ്ഞു കൊടുത്ത് അവരുടെ ഹൃദയത്തില് തൃപ്തി വന്നു അതാണ് തൃപ്തി വന്നു ശാന്തി നമുക്ക് വേണ്ടത് അതാണല്ലോ അല്ലേ ബാക്കിയൊക്കെ സിദ്ധികളാണ് ലോകത്തിനെ ഭ്രമിപ്പിക്കണതൊക്കെ സിദ്ധികളാണ് ലോകം മുഴുവൻ ഭ്രമിച്ചിട്ട് നമുക്ക് സമാധാനം ഇല്ലെങ്കിൽ എന്ത് പ്രയോജനമാണ് നോക്കൂ ഭ്രമിപ്പിക്കുന്നതൊക്കെ സിദ്ധികളാണ് വലിയ വലിയ മ്യൂസീഷ്യൻസ് ആർട്ടിസ്റ്റ് ഒക്കെ നോക്കൂ മറ്റുള്ളവരെ ഭ്രമിപ്പിക്കും പക്ഷെ അവരുടെ കലകൾ അവർക്ക് സമാധാനം ഇല്ലാത്തത് അവർ വേറെ പലതും അന്വേഷിക്കുന്നത് അവർക്ക് സുഖം ചില പല ഹാബിറ്റ്സിനും കുടിക്കുകയും ഇതുമൊക്കെ പഴക്കം വരുന്നത് എന്തുകൊണ്ടാണ് അവർ പറയുക അവരുടെ കല കൊണ്ട് അവർക്ക് ആനന്ദമൊന്നുമില്ല അവർക്കത് ആനന്ദം ഉണ്ടെങ്കിൽ പുറത്ത് അവിടെ പോണു അല്ലേ അതുകൊണ്ട് ഈ സിദ്ധികളൊന്നും ആനന്ദം തരില്ല സിദ്ധികളെന്ന് പറഞ്ഞാൽ അതൊരു കൊറേ കഴിയുമ്പോൾ സ്പോണ്ടിറ്റി ഇല്ല വെറും മെക്കാനിക്കലായിട്ട് സിസ്റ്റത്തിൽ നിൽക്കും അതുകൊണ്ടൊന്നും പ്രയോജനമില്ല ഈ സാധു മനുഷ്യന് ഭഗവാൻ പറഞ്ഞു കൊടുത്തു അത് നാനാ ഇരുക്കണം അത് നാൻകരത്തെ വിടാമ ഇരു അത് ആത്മാ ഹൃദയകുഹര മധ്യേ കേന്ദ്രമാത്രം ഹി അഹമഹം സാക്ഷാത് ആത്മരൂപേണ ഭാതി കിടയാതെ മറന്ടാതെ എന്നുള്ള ആ അനുഭവത്തിനെ മറക്കാതെ ഗ്രഹിച്ചു ചിത്തിന്റെ അനുഭവം ഈശ്വരന്റെ അനുഭവം ഇറ്റ് യു എങ്ങനെ സംഭവിച്ചിരിക്കുന്നു ഞാൻ എന്നുള്ള അനുഭവരൂപത്തില് സിദ്ധമായിരിക്കും ബാലപ്പി ജാഗ്രതാദിഷ തഥ സർവാസു അവസ്വൃത്തസു അനുവർത്തമാനം അഹം അന്തരന്തം സദാ സ്വാത്മാനം പ്രകടീകരോതി ഭജതാം യോ മുദ്രയാ ഭദ്രയാ ഈശ്വരൻ ഒന്നും മറച്ചു പിടിച്ചിട്ടേ ഇല്ല എന്നാണ് പറയണത് ആചാര്യസ്വാമി ഈശ്വരനെ കാണാനില്ല മറിഞ്ഞിരിക്കുന്നു ഒരു മറവുമില്ല പ്രകടീകരോതി അദ്ദേഹം മാത്രമാണ് പ്രകടിപ്പിച്ചുകൊണ്ടേ മുദ്രയാ ഭദ്രയാ മംഗളമായ ഒരു മുദ്രയിൽ പ്രകാശിക്കണു അഹമഹമിത്തി തസ്മൈ ശ്രീ ഗുരുമൂർത്തയെ നമൈതം നമൈതം ശ്രീ ദക്ഷിണാമൂർത്തൈ ഭാഗവതത്തിൽ പറയണു ഭഗവാനെ ആവരണമേ ഇല്ല ഭഗവാനേന്ദ്രന് ആവരണമുണ്ട് നോക്ക് വേദാന്തികൾ പറയണോ ഒന്നും കാണാനില്ല അനാവൃതാത് ബഹിരന്തരം നേ സർവസ് സർവാത്മന ആത്മവസ്തു അനാവൃതാത് ബഹിരന്തരം ന ഉള്ള് പുറം എന്നാണ് ഈ അഹമെന്ന അനുഭവത്തിന് ഉള്ളുമില്ല പുറവും ശരീരത്തിനാണ് ഉള്ള് പുറവൊക്കെ മനസ്സിനാണ് ഉള്ളു പുറവ് ഈ ഞാൻ ഉണ്ടെന്നുള്ള അഹം അഹം അഹമസ്മി എന്നുള്ള എക്സിസ്റ്റൻസ് അസ്തിത്വം അത് ആവരണമേ ഇല്ല മറയേ ഇല്ലാതെ സ്വയം പ്രകാശം നിരന്തരം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു അതിനുള്ളും പുറവൊന്നുമില്ല അതൊരിക്കലും അതാണ് നിരസ്തകുഹകം സത്യമെന്ന് പറഞ്ഞത് ആദ്യം അതിനാണ് ഭഗവാനുടെ അഹമാത്മാ ഗുഢാകേശ പറഞ്ഞാൽ അർജുന ഹേ ഗുഡാകേശ അഹമേവ ആത്മാ എന്ന് വേണം അർത്ഥം പറയാം ആത്മാവ് അഹംരൂപേണ സിദ്ധ അല്ലാതെ കൃഷ്ണൻ ആത്മാ എന്ന് പറയാൻ പണ്ട് കൃഷ്ണൻ ഇവിടെ ആരാണ് ചൈതന്യമാണ് ആത്മാവാണ് കൃഷ്ണൻ തന്റെ പേര് പറഞ്ഞു ആത്മാ ശ്രീശുഖൻ ഭാഗവതത്തിൽ പറഞ്ഞു കൃഷ്ണമേനം അവേഹിത്വം ആത്മാനം അഖിലാത്മനം ആത്മാനമധോക്ഷജം അതുകൊണ്ട് ഭഗവാൻ ഇവിടെ പറഞ്ഞു അർജുന ആത്മാവാണ് ഞാൻ ആ ആത്മാവാണ് എന്റെ ഉള്ളില് അഹം എന്ന് ഞാൻ ഞാൻ ഞാൻ എന്ന് അനുഭവ രൂപത്തിൽ സിദ്ധമായിരിക്കുന്നത്